ലോഹസുഭയാനഭുവ ചായാല കോപിച്ച ഒരു ജനതയുമായി ബന്ധം സ്ഥാപിച്ചവരെ നിങ്ങൾ കണ്ടില്ലേ അവർ നിങ്ങളിൽ നിന്നുമല്ല അവരിലും പെട്ടവരല്ല അവർ ബോധപൂർവം കള്ളം ചെയ്ത് സത്യം ചെയ്യുന്നു